ം പത്ത് രഹബയാമിനെ രാജാവാക്കേണ്ടതിന് ഇസ്രയേലെല്ലാം ശേഖ എമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ശേഖെമിൽ ചെന്നു എന്നാൽ ഷലോമോൻ രാജാവിന്റെ സന്നദ്ധിയിൽ നിന്ന് ഓടിപ്പോയി മിസ്രൈമിൽ പാർത്തിരുന്ന നെബാത്തിന്റെ മകനായ യോരോബയാം അത് കേട്ടിട്ട് മിസ്രൈമിൽ നിന്ന് മടങ്ങിവന്നു അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചു യോരോബയാമും എല്ലാ ഇസ്രയേലിലും വന്ന രഹബയാമിനോട് നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു ആകയാൽ നിന്റെ അപ്പന്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന ഭാരമുള്ള നുഖവും നീ ഭാരം കുറച്ചു തരേണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാമെന്ന് പറഞ്ഞു അവൻ അവരോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ എടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബയാം രാജാവ് തന്റെ അപ്പനായ ഷലോമോൻ ജീവനോടിരിക്കുമ്പോൾ അവന്റെ സന്നിധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനവർ അവനോട് നീ ജനത്തോട് ദയ കാണിച്ച് അവരെ പ്രസാദിപ്പിച്ച് അവരോട് നല്ല വാക്കു പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ച് തന്നോടു കൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ചു തരണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്നവരോട് ചോദിച്ചു അവനോടു കൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് ഭാരം കുറച്ചു തരണമെന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട് എന്റെ ചെറുവിരൽ എൻറെ അപ്പൻറെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള മുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടികൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ നിങ്ങളെ പേളിനെക്കൊണ്ട് ദണ്ണിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്ന് പറഞ്ഞു മൂന്നാം ദിവസം വീണ്ടും എന്റെ അടുക്കൽ വരുവീനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യൂറോബയാമും സകലജനവും മൂന്നാം ദിവസം രഹബയാമിന്റെ അടുക്കൽ വന്നു എന്നാൽ രാജാവ് അവരോട് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു രഹബയാം രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യജിച്ച് യൗവനക്കാരുടെ ആലോചന അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽവെച്ചു ഞാനോ അതിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടികൊണ്ട് ദണ്ണിപ്പിച്ചു ഞാനോ പേളിനെ കൊണ്ട് നിങ്ങളെ ദണ്ണിപ്പിക്കും എന്നുത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല യഹോവ ശീലോന്യനായ അഹിയ മുഖാന്തിരം നബാത്തിന്റെ മകനായ യോരോബോമിനോട് അരുളി വചനം നിവർത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ല എന്ന് എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ ഈഷായിയുടെ പുത്രങ്ങൾ ഞങ്ങൾക്ക് അവകാശം ഇല്ലല്ലോ ഇസ്രയേലെ ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് പോയിക്കൊള്ളി ദാവീദേ നിന്റെ ഗ്രഹം നോക്കിക്കൊള്ളുക എന്നുത്തരം പറഞ്ഞ് േലൊക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി യഹൂദ നഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രയേല്യർക്കോ രഹബയാം രാജാവായി തീർന്നു പിന്നെ രഹബയാം രാജാവ് ഊഴിയ വേലയ്ക്ക് മേൽവിചാരകനായ ഹദോരാമിനെ അയച്ചു എന്നാൽ ഇസ്രയേല്യർ അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു രഹബയാം രാജാവ് വേഗത്തിൽ രഥം കയറി യരുഷലേമിലേക്ക് ഓടിപ്പോയി ഇങ്ങനെ ഇസ്രയേൽ ഇന്നുവരെ ദാവിദ് ഗ്രഹത്തോട് മത്സരിച്ച് നിൽക്കുന്നു